സത്യവിശ്വാസികളെ മുഷ്രിക്കുകൾ അശുദ്ധരാണ് അതിനാൽ ഈ വർഷത്തിന് ശേഷം അവർ മസ്ജിദുൽ ഹറാമിന് അടുത്തുവരാൻ പാടില്ല ദാരിദ്ര്യത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനുഹൂവത്തെ ആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവൻ നിങ്ങളെ ഐശ്വര്യവാൻമാരാക്കും തീർച്ചയായും അള്ളാഹുസുബഹാനുഹൂവത്തെ ആലയെല്ലാം അറിയുന്നവരും യുക്തിമാനുമാണ്